ജ്ഞാനം ഉണ്ടാകുമ്പോൾ ആ ജ്ഞാനത്തിന്റെ വിഷയത്തിന്റെ വ്യഭിചാരമെന്ന് എനിക്കത് മാറിപ്പോയി കഴിഞ്ഞാൽ ആ ജ്ഞാനം ഭ്രാന്തി എന്ന് പറയേണ്ടി രചിതത്തിന്റെ ജ്ഞാനം ഉണ്ടായിരുന്നു നേതൻ രചതം രഹിതം എന്ന് പറയുന്ന വിഷയം മാറിപ്പോ എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യമുണ്ടായ രഹിതജ്ഞാനം ഭ്രാന്തിയാണെന്ന് പറയേണ്ടി വരും അഖ്യാതിവാദി പറയുന്നത് ഒരിക്കലും ഒരു ജ്ഞാനത്തിന്റെ വിഷയം മാറിപ്പോകത്തില്ല അങ്ങനെ മാറിപ്പോകുന്ന സ്വീകരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം അങ്ങനെ സംഭവിക്കില്ല പിന്നെ ഇതിന്റെ ഇതുപറയുന്നിടത്ത് എന്താ സംഭവിച്ചത് അതോടെ കേവല രചതനത്തിന്റെ സ്മൃതിയോ മുമ്പിക്കിടക്കുന്നത് തന്നെയാണ് അപകട ഒരു ജ്ഞാനം മാറിപ്പോവാണ് പ്രത്യേകിച്ച് സ്മൃതി രണ്ടും കൂടെ ചേർന്നിരിക്കുകയാണ് രണ്ട് ജ്ഞാനങ്ങളാണ് ഭേദാഗ്രഹം കൊണ്ട് ഒന്നാണെന്ന് തോന്നുന്നു അപ്പോ ജ്ഞാനം വിഷയത്തെ വിചരിക്കുന്നില്ല മാറുന്നില്ല ഇതാണ് അഖ്യാധിവാദി പറയുന്നത് ഇനി അങ്ങനെ മാറിയാലോ മാറുകയാണെങ്കിൽ നമുക്കൊരു ജ്ഞാനത്തെയും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ എന്റെ ഒന്നൊരു പുസ്തകവും ഞാനുണ്ടായി ഞാൻ പറയുന്നത് യഥാർത്ഥമാണ് പക്ഷെ വിഷയം മാറിപ്പോകാമെങ്കി നാളെ ഇതും മാറി കൂടാന്നില്ല അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ ഇതിനെ എന്തു പറയേണ്ടി ബ്രഹ്മം എന്ന് പറയുന്നത് മാറാ പുസ്തകം ഞാനും ബ്രഹ്മാനോന്ന് പറയുന്നു അതുകൊണ്ട് ഒരു സ്ഥലത്തും വിഷയം മാറി പോകുന്നില്ല പിന്നെ ബ്രഹ്മം നിങ്ങള് പറയുന്നിടത്തല്ല വിടേക്ക് എന്താ സംഭവിക്കുന്നത് ഏർ പ്രത്യേകിച്ചൊരു സ്മൃതി ഇത്രയോ അല്ലാതെ അവിടെ വിഷയം മാറിപ്പോകുന്നില്ല മുമ്പിൽ കണ്ടാലേ വിഷയം മാറിപ്പോകുന്നു എന്ന് പറയാൻ പറ്റൂ മുമ്പിൽ കാണുന്നില്ല സ്മരിക്കുന്നോ അപ്പോ ഇനി ബ്രഹ്മജ്ഞാനം ഉണ്ടാകാം കരണങ്ങളിൽ ദോഷം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു താർക്കിയം പറയും ഇഞ്ചിനകത്ത് സന്നിവേഷം ഉണ്ടാവുന്നു അവിടെ ദോഷം ഉണ്ടെങ്കിൽ പ്രമോനുണ്ടാകാം ഉണ്ടായിക്കൂടാന്നു അപ്പൊ അതിന് മുമ്പ് സമാധാനം പറഞ്ഞു എന്താണ് മറ്റൊരു ഞാനുണ്ടാകത്തില്ല ഒരു ജ്ഞാനം ഉണ്ടാകാതിരിക്കാൻ ദോഷമുണ്ടെങ്കിൽ അത്ര അല്ല മറ്റും ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാലോ അതിനാണ് പറഞ്ഞത് ദുഷ്ടാദി കുടജബീജ് വടങ്കർ ഉത്പത്തി പ്രസംഗം ഒരു ബീജം കേടായ അതിൽ നിന്ന് വേറെ വൃക്ഷം ഉണ്ടാകുമെന്ന് പറയുമ്പോഴാണ് നടക്കുന്ന കാര്യം അപ്പൊ അതിന് എന്ന ഉദാഹരണം പറയുന്നത് ബീജം കേടായാലും വേറെ വൃക്ഷം ഉണ്ടാകാം അതിനാണ് കാട്ടു തീയിൽ ഏത്ര വാഴ ഉണ്ടാകാം അങ്ങനെ സംഭവിക്കാന്നാണ് താർക്ക്യം പറയുന്നത് ഒരുപാട് സ്ഥലത്ത് പറയുന്നു പിന്നെ മറ്റൊരുദാഹരണം കൂടെ പറയുന്നത് എന്താണ് ഭസ്മകുഷ്ടഹു വചനം ആദ്യം പറഞ്ഞു ലോക ഒരു കാര്യമാണ് ലോകർക്ക് അറിയാം പലരും കണ്ടിട്ടുണ്ട് മനുഷ്യരെ കണ്ട പറയാറുതാൻ തന്നത് ഈറയാണ് ഇത് ശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ആയുർവേദത്തിൽ എന്താണ് ഭസ്മക ദുഷ്ടസ് ഭസ്മകം എന്ന് പറയുന്നത് ഒരു അസുഖമാണ് എന്ത് കഴിച്ചാലും ദഹിച്ചു പിന്നെ ഭസ്മകദോഷം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഔദര്യസ്യ തേജസ് നമ്മുടെ ഉള്ളിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന ഒരഗ്നി ദഠരാഗ്നിയെന്ന് പറയുന്നത് ഇത് ഭസ്മകുന്ന അസുഖം വന്നാൽ ഇതിൽ ദോഷം വരും ദോഷം വന്നാൽ എന്ത് സംഭവിക്കും ബഹു എണ്ണ ഭയങ്കര എന്ത് കഴിച്ചാലും ദഹിപ്പിക്കും അപ്പോ ഒരു രോഗം കൊണ്ട് വയറ്റിലെ അഗ്നിക്ക് കേടുവന്നപ്പോ അതെന്ത് ചെയ്യുന്നു വിശേഷമായ കാര്യത്തെ ഉണ്ടാക്കും എന്ത് കാര്യവും എന്ത് കിട്ടിയാലും അതിനെ ദഹിപ്പിക്കും അപ്പം അവർ ഒരുപാട് ഭക്ഷണം കഴിക്കും എത്ര കഴിച്ചാലും ഇത് ആയുർവേദത്തിലെ ഒരു സിദ്ധാന്തമാണ് ചില ആൾക്കാർ കൂടുതൽ ഭക്ഷണം കഴിയും സാധാരണ കഴിക്കുന്ന കൂടുതൽ ഭക്ഷണം കഴിക്കും അതിനും അവർ പറയുന്നത് ഈ ഭസ്മക ഭസ്മക ഭസ്മമാക്കുന്ന എന്തിനേം ഭസ്മമാക്കും തീ അങ്ങനെയാണോ എല്ലാത്തിനെയും ഭസ്മമാക്കുന്നത് അതുപോലെ ഈ ദോഷ ഈ രോഗമെന്തെയ്യുന്നു ഭസ്മകദോഷം രോഗം അത് അഗ്നിക്ക് ജാഡരാഗ്നിക്ക് തകരാറ് വരും കത്തുന്ന തീയിലേക്ക് പെട്രോൾ അടിച്ചാൽ ചെയ്യും ഈ അണയെല്ലാം കൂടുതൽ ശക്തമായി കെത്തും അതുപോലെ ഇവിടെയും സംഭവിക്കും ആ ദോഷവും അപ്പൊ എന്ത് എന്നാലും ജയിച്ചുകൊണ്ടേ കേട്ടിട്ടുണ്ടായി ഒരു കാരണത്തില് ദോഷം വന്നു കഴിഞ്ഞാ കാരണം അന്നഭജനത്തിന് കാരണമാണെന്ത അതിൽ ദോഷം വന്നപ്പോ എന്ത് ചെയ്യുന്ന വിശേഷ കാര്യമുണ്ടാവും കൂടുതലത് പറ്റിപ്പിക്കുന്നു ഇതിലും ഇത് ശാസ്ത്രീയം അല്ല ഈ എന്തുകൊണ്ടല്ല കാരണം നമ്മുടെ എന്താണ് ഭക്ഷണത്തെ ദയിപ്പിക്കാൻ ഒരു അഗ്നിയൊന്നുമില്ല മനസിലായക്ക് ആയുർവേദക്കാർ ഉണ്ടാക്കുന്ന സിദ്ധാന്തങ്ങളാണ് അവരെന്തുകൊണ്ടിങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കുന്നു എന്താണ് ഏർ അടുപ്പിൽ വച്ച് ചക്കയും മാങ്ങക്കെ വേവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അഗ്നി കൊണ്ട് അതൊക്കെ പജിക്കുന്നു ഇല്ലേ അവിടെ തീയല് തന്നെ പജിപ്പിക്കുന്നു അരിയൊക്കെ വേഗുന്നു അപ്പോൾ ഇവർ വിചാരിച്ചത് നമ്മളെന്തെങ്കിലും ഉള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ചെന്നാലവിടെ ഒരു അഗ്നിയിരുന്നതിനെ പജിപ്പിക്കുന്നു എന്നുള്ള ഈ കേവല യുക്തികളെന്ന് പറയുന്നത് പുറമേ ഓരോന്ന് കണ്ടിട്ട് ഉപമോ വച്ചം കൊണ്ട് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ അവർക്ക് പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് എന്താണ് എന്താണ് പയറ്റില് കൈവെച്ച് നോക്കിയ ചൂടുണ്ട് തീ ഇവിടെ ഉണ്ട് ഇതൊക്കെ അശാസ്ത്രീയമാണ് ആയുർവേദത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ് പിന്നെ അഗ്ഗിനി മാന്ദ്യം പറയും അവിടെ അങ്ങനെ ഒരു അഗ്നി ൊരുതരത്തിലുള്ള അഗ്നി പിന്നെ ഇന്ന് ഭക്ഷണം എങ്ങനെ കഴിക്കുന്നു ദഹിക്കുന്നു ഭക്ഷണത്തിന്റെ ദഹനം എന്ന് പറയുന്നത് നമ്മുടെ വായിൽ നിന്ന് തുടങ്ങിയാണ് നമ്മുടെ സലൈവ ഭക്ഷണത്തിൽ കലരുന്നു അവിടെ നമ്മൾ ചവച്ചരയ്ക്കുമ്പം തന്നെ ദഹനമാണ് പിന്നെ ഈ അന്നനാളിയിലൂടെ താഴെ മാശയത്തിച്ചു അവിടെ പ്രധാനമായും അതിനെ ദഹിപ്പിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അവിടെ ഉണ്ടാകുന്നത് പിന്നെ പലതരത്തിലുള്ള എൻസൈമുകൾ ആസിഡുകൾ കുടലിലേക്ക് ചെന്ന അവിടെ പലതരത്തിലുള്ള ബാക്ടീരിയകൾ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത് അതിന് ബൈൽ ലിവർ അതിൻ്റെയൊക്കെ എൻസെയിമുകൾ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കാരണമാണ് ഭക്ഷണം ദഹിപ്പിക്കുന്നത് അല്ല അവിടെയൊന്നും അഗ്നിയൊന്നുമില്ല അങ്ങനെ പലതരത്തിൽ അതിനെ ദഹിപ്പിച്ച് അതിൻ്റെ എന്താണ് മിനറൽസ് അതിന്റെ ന്യൂട്രീഷൻ ഐറ്റംസ് അതെല്ലാം എന്നിട്ട് കുടലർ ആകിരണം ചെയ്യും രക്തത്തിൽ കലരുന്നു ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പോകും അതാണ് അവിടെ നടക്കുന്നത് അല്ലാതെ അവിടെ എന്താണ് പറയുന്നത് ഒരു അഗ്നിയാണ് അവിടെ പിന്നെ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന മെറ്റാബോളിസ് ഓരോ കോശങ്ങളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുണ്ടാക്കുന്ന ചൂടാണ് അങ്ങനെ വരുമ്പോൾ ആ ചൂട് എന്ന് പറയുന്നത് ശരീരം പുറന്തള്ളുന്നാണ് നമ്മൾ അനുഭവിക്കുന്ന ചൂട് എല്ലാത്തിനൊക്കെ ഒരുപാട് ശാസ്ത്രീയമായ പഠനങ്ങൾ അതിൻ്റെ ഗുണവും ദോഷവും ചിലപ്പോൾ ആവശ്യമായിട്ട് വരും കൂടെ പുറന്തള്ളും പനിയൊക്കെ കൂടുതൽ വരുന്ന പുറന്തള്ളുകയാണ് അതൊക്കെ ചെയ്യുന്ന നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൂടാകത്ത് നിന്ന് കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങളെയൊക്കെ അത് ബാധിക്കും അതുകൊണ്ട് പുറത്തേക്ക് തള്ളുകയാണ് ശരീരം വളരെ സങ്കീർണമായ പ്രവൃത്തികളാണ് നടക്കുന്നത് ഇതിനെ കുറിച്ചൊന്നും എ ബി സി ഡി അറിയില്ലേ കടലിന്റെ അഗ്നി എന്ന് പറയുന്ന ഈ കടലിന്റെ അടിയിൽ ഭൂകമ്പങ്ങളുണ്ടാകും ഭൂകമ്പം ഇടയ്ക്കിടയ്ക്ക് പല ഭാഗത്തും ഉണ്ട് അത് കപ്പൽ യാത്രക്കാർക്ക് യാത്ര ചെയ്യുമ്പം അവർക്കത് മനസ്സിലാവും അപ്പോ സമുദ്രത്തിന് വലിയ തിരകളും പ്രത്യേകമായ നീരൊഴുക്കുകളൊക്കെ ഉണ്ടാകും സംഭവിക്കാറ് കരയില് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അല്ലാതെ ഈ പറയുന്ന ആയുർവേദത്തിന്റെ ഏറ്റവും അടിസ്ഥാന സിദ്ധാന്തം എന്താണ് വാദം പിത്തം കഫം അതിന്റെ പിന്നിൽ എന്താണ് ത്രിഗുണം ഈ ത്രിഗുണമെന്ന് പറയുന്നതിന് ഒരു അബദ്ധമാണ് യാതൊരു തെളിവില്ലാത്ത ഒരു സാധനമാണ് ത്രിഗുണമെന്ന് പറയുന്നത് ഒരു തെളിവില്ലാത്ത ത്രിഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ത് ആയുർവേദം അതിന് ഒരു തെളിവുണ്ടതായിരിക്കും മനുഷ്യന് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒന്നും അറിയാത്ത കാലഘട്ടത്തില് ഇതൊക്കെ എന്തോ ഭയങ്കര സിദ്ധാന്തമായിട്ട് കൊണ്ടു വന്നു വിചാരിച്ചു യാതൊരു അടിസ്ഥാനമുള്ള കാര്യമാണ് അന്ധവിശ്വാസമാണ് അതുപോലെ തന്നെ ഹോമിയോടിയുടെ അടിസ്ഥാനം വെറും ീ ഫിസിക്സും കെമിസ്ട്രിയൊന്നും വികാസം പ്രാപിക്കുന്നതിന് മുമ്പ് ഒരാളുടെ മനസ്സിൽ തോന്നിയ ആശയങ്ങളാണ് അതിന് ഒരു ശാസ്ത്രീയ അടിത്തറയില്ല പിന്നെ ഇനി ഇതിന് മറു വശം കൊണ്ട് എന്താണ് മരുന്നുകൾ ചെയ്യും കാരണം ഈ മരുന്നുകൾ ഈ പറയുന്ന സിദ്ധാന്തങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല അത് ഫലം ചെയ്യും ആയുർവേദ മരുന്നുകൾ ഫലം ചെയ്യും കാരണം എന്താണ് ഒരു രോഗത്തിന്റെ ലക്ഷണം കാണുന്നു ലക്ഷണം കണ്ടിട്ട് എന്ത് ചെയ്യുന്നു അവരൊരു മരുന്ന് കൊടുക്കുന്നു അവരുടെ എന്താണ് സിദ്ധാന്തം എന്തായാലും ശരിയാ മരുന്നിനീ സിദ്ധാന്തം അറിയില്ലല്ലോ രോഗത്തിനും അറിയില്ല അപ്പൊ നമ്മള് ആ മരുന്ന് വെച്ചാൽ അതിന് അവരുടെ സിദ്ധാന്തങ്ങളുമായിട്ടൊരു ബന്ധവും മരുന്ന് കഴിച്ച് അസുഖം മാറില്ല എന്ന് പറയാൻ പറ്റും അവിടെയാണ് ഇതിന്റെയൊക്കെ വിജയം അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർക്കറിയില്ലായിരുന്നു അവർ അവർ പറയുന്ന സിദ്ധാന്തം അനുസരിച്ചല്ലാതെ സംഭവിക്കുന്നു മുറുകൂടി പച്ച മുറിവുണ്ടായി എടുത്ത് പിഴിഞ്ഞ് കാരണം ഒഴിച്ചു കഴിഞ്ഞാൽ മുറിവ് തനിക്കും ഉറപ്പാണ് കാരണം അതിന് പല പ്രോപ്പർട്ടീസും ഉണ്ട് ആയുർവേദക്കാർക്ക് അറിയത്തില്ല അത് ആന്റിബയോട്ടിക് ആണ് ആന്റി ബാക്ടീരിയലാണ് ഇങ്ങനെയുള്ള പല ഗുണങ്ങളും ആ നീരിലുണ്ട് അതുകൊണ്ടാണ് മുറു അറിയുന്നത് അല്ല വാദവും പിത്തവും കഫവും ഒക്കെ അങ്ങനെ ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ ഗുണമില്ലാതെ വരുന്നില്ല അതിന് ഗുണമുണ്ടാവും പക്ഷെ അത് എല്ലായിടത്തും വരുന്നില്ല കാരണം എന്തുകൊണ്ടാണ് കൃത്യമായി മനസ്സിലാക്കിയല്ല ചെയ്യുന്നു ഇത് ഈ മരുന്നു കൊണ്ട് ഗുണമെന്ന് അങ്ങനെ മനസ്സിലാക്കി അത് പാരമ്പര്യമാണ് ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത വന്നു ഒരു കുരങ്ങന് അല്ല ഈ കണ്ണിൻ്റെ തൃശത്തൊരു മുറിവ് വന്ന് അല്ല വാർത്തയായിരുന്നു അതൊരു ഇല പഠിച്ചിട്ട് പഠിച്ചിട്ട് വയലിട്ട് നല്ലവണ്ണം ചവച്ചരച്ചിട്ട് അതിനെടുത്ത് കൂടെ വെച്ച് വക്കിയ മാത്രമല്ല വേറെ ഇലയെടുത്ത് പൊത്തിയും വെച്ച് അപ്പൊ അതിന്റെ ബുദ്ധിമാകുന്നു അപ്പൊ ഈ ഇല ഇതിനെ കുരങ്ങന്മാരെ നിരീക്ഷിക്കാൻ ഡോക്ടർമാരും സയന്റിസ്റ്റുകളും അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണൊക്കെ ചെയ്തു പൊറജു ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അവിടെ മുറിവ് വന്ന അടയാളം പോലും ഇല്ല അവർ ആ ഇല കണ്ടുപിടിച്ച് ഇല കണ്ടുപിടിച്ച് നോക്കിയപ്പോ അതിനിങ്ങനെ ഒരു പ്രോപ്പർട്ടിയുണ്ട് മുറിവ് ധരിക്കുന്നു അപ്പൊ ഈ കുരങ്ങനെങ്ങനെ ഇത് മനസ്സിലാക്കി എന്നുള്ളതാണ് എത്രയോ പാട്ടുള്ള ഇലയുണ്ട് ഈ ഒരു ഇല പറഞ്ഞു ചവച്ചരച്ച് കൊറ്റത് അപ്പോ ഏ അങ്ങനെയാണ് മനുഷ്യനും ആയുർവേദം കണ്ടുപിടിച്ചത് അത് നമുക്ക് പിന്നെ മനസ്സിലാക്കാം എന്തുകൊണ്ട് അതിപ്പോൾ വയറ്റിൻ്റെ ഉള്ളിൽ വേദന ഉണ്ടാകുന്നു അത് ഒരു പുല്ല് കഴിക്കുന്നു ഇത് അതിനും അതിശയമാണ് കാരണം ഇത് പുറമേ വന്ന മുറിവാണ് പുറമേ വന്ന ഒരു മുറിവിനും മരുന്ന് വെച്ച് ധരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേതിനേക്കാളും കൂടുതൽ അറിവ് വേണം കാരണം ഈ പ്രാണികളുടെ അതിജീവനത്തിനുള്ള ഒരു ശേഷിയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നാൽ എല്ലാ പ്രാണികളും എന്തെങ്കിലുമൊക്കെ ചികിത്സ ചെയ്യും ഇതുപോലെയുള്ള പുള്ളികളും എല്ലാവരും ചെയ്യുന്നതാണ് ആ ശർദ്ദിക്കും പക്ഷെ ഇതങ്ങനെയല്ല ഒരു മുറിവ് വരുമ്പം ധരിക്കാന്ന് പറയുന്നത് ഇത് വേറെ പ്രാണികൾക്കൊന്നും അറിയിക്കില്ല അപ്പൊ ഇതുപോലെ പഴയകാലത്ത് മനുഷ്യനും അവന്റെ ജന്മനാൽ തന്നെ ചില ശക്തി വിശേഷങ്ങളുണ്ടായിരുന്നു അത് പരിണാമത്തിൽ അവന് കിട്ടിയാണെന്ന് വെച്ചാൽ തന്റെ ചുറ്റുപാടുകളെ അതിജീവിക്കുന്നതിന് വേണ്ടി കുരങ്ങുകൾക്ക് കിട്ടിയ ഒരു സവിശേഷതയാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ചു നോക്കുക അങ്ങനെ അവൻ പലവണ പരീക്ഷിച്ചു നോക്കി മനസ്സിലാക്കുന്നു ഇതാണ് മുറിവിന്റെ മരുന്ന് പിന്നെ അത് തലമുറകളെ കൈമാറുന്നു ഒരു കുരങ്ങി ചെയ്യുന്ന കാണുമ്പോൾ മറ്റുള്ളവരും മറ്റുള്ളവർ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവൻ കാണിച്ചു കൊടുക്കും ഇത് തന്നെ മനുഷ്യനും ചെയ്തു അങ്ങനെ മനുഷ്യനെന്ത് ചെയ്തു ഒരുപാട് പച്ചിലകള് അസുഖങ്ങൾക്ക് മരുന്നായിട്ട് അവൻ ആദ്യ അതിജീവനത്തിന്റെ ഭാഗമായി അവന് ഇൻഡ്യൂഷൻ എന്ന് പറയും തോന്നി ഇത് ചെയ്താൽ അങ്ങനെ അവൻ ചെയ്യുന്നു പിന്നെ അവൻ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു തുടങ്ങി പല ഇലകൾ കൂട്ടിച്ചേർത്ത് പിന്നെ അതിനെന്താ കഷായമാക്കി കുഴമ്പാക്കി പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അവന് നടത്തി എത്രയോ ആയിരക്കണക്കിന് മനുഷ്യർ ലക്ഷക്കണക്കിന് മനുഷ്യർ തലമുറയിലൂടെ പകർന്നു വന്നതാണ് ഈ ചികിത്സ എന്ന് പറയുന്നത് മരുന്നും രോഗവും അത് പലപ്പോഴും ഫലവത്താകും അതാണ് ആയുർവേദത്തിന്റെ വിജയം അതാശാസ്ത്രീയം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇത് തലമുറയിലൂടെ വന്നാണെങ്കിൽ ചില പണ്ഡിതന്മാരിൽ നിന്ന് എന്താണ് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയാണ് എന്ത് ത്രിദോഷ സിദ്ധാന്തം പോലുള്ള സിദ്ധാന്തം അതിന് ആയുർവേദമായിട്ട് ബന്ധമൊന്നും അതബദ്ധമാണ് അതാണ് ശാസ്ത്രീയവുമായ അടിത്തറ എന്ന് പറയും ഹോമിയോ എങ്ങനെയാണ് ഹോമിയോയിലും ചില മരുന്നുകൾ പ്രയോജനം ചെയ്യും എന്താന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിന്റെ ശാസ്ത്രീയ അടിത്തറ അസംബന്ധമാണ് അത് അസംബന്ധമാണ് അതിപ്പോ പ്രകൃതിയിലെ എന്തായാലും ശരി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഗുണം ചെയ്യും ഈ കാട്ടിലൊക്കെ വെച്ച് പഴയ കാലത്ത് മനുഷ്യന് മുറിവിയേക്കുമ്പോ അവൻ കൈ കെട്ടുന്ന എന്തെങ്കിലുമൊക്കെ എടുത്ത് അവിടെ തേക്കും ചിലത് അവ നോക്കുമ്പോ ഫലപ്രദമായി വരും ചിലത് ഫലപ്രദമാകില്ല ഫലപ്രദമായ അവൻ തലമുറകൾക്ക് കൈമാറും അതുകൊണ്ടല്ലേ ആയുർവേദമൊന്നും പഠിക്കാത്ത ആദിവാസികൾ ചികിത്സിക്കുന്നുണ്ടല്ലോ അവരൊരു ആയുർവേദം പഠിച്ചില്ല പക്ഷെ പല രോഗങ്ങൾക്കും അവരുടെ ഒറ്റമൂലികളും ഫലപ്രദമാണത് പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം പാരമ്പര്യമായ അറിവാണ് കൃത്യമായൊന്നും മനസ്സിലാക്കിയിട്ടില്ല രീതിയിൽ ലക്ഷണങ്ങൾ ചികിത്സിക്കുകയാണ് തലവേദന വന്നു കഴിഞ്ഞാൽ ആദിവാസിക്ക് ഒരു മരുന്ന് കാണും ഇന്ന മരുന്ന് തേച്ച് അത് മാറും പക്ഷെ തലയ്ക്കകത്ത് ട്യൂമർ ഉണ്ടെങ്കിൽ തലവേന്ന് വരും അത് അവനറിയാൻ പറ്റില്ല ആ ഒരു വിഷയം അവനറിയാൻ പറ്റില്ല തൈരോയിഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവനറിയാൻ പറ്റില്ല പക്ഷെ പനി വന്നാൻ കഴിക്കാൻ ഒരു മരുന്നവൻ്റെ കയ്യിലുണ്ട് അപ്പം തൈരോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് ആദിവാസിക്ക് അതറിയാൻ പറ്റില്ല അവന് ഇംഗ്ലീഷ് ചികിത്സ കൊണ്ടേ ആധുനിക ചികിത്സ കൊണ്ടേ കാരണം അവരുടെ സിദ്ധാന്തം അശാസ്ത്രീയമാണ് മരുന്നിന് ഫലമില്ലാന്നുണ്ടാവില്ല മരുന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി രൂപപ്പെടുത്തുകയാണ് എന്തായാലും പ്രയോജനം പക്ഷെ ഇപ്പോൾ പ്രശ്നം വരുന്ന ഡയഗ്നോസ് ചെയ്യുന്നിടത്താണ് നമ്മൾ ആയുർവേദ കാർഡിൻ്റെ അടുത്ത് പോയാൽ അവർക്ക് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ പുതിയ എം സ്കാനും എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും ഒക്കെ നടത്തണം ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഡയഗ്നോസിസ് കൊണ്ട് രോഗം കണ്ടുപിടിക്കാൻ പറ്റില്ല അതിനെ ആയുർവേദകാരകുന്ന അതിവിശ്വാസമുണ്ട് അപ്പോൾ ആധുനിക ഡയഗ്നോസ് ഉപയോഗിച്ച രോഗം കണ്ടുപിടിച്ച് ആയുർവേദത്തെ മെരുങ്ങെടുർത്താൽ ഫലപ്രദമാകും സ്പെഷ്യലിസ്റ്റ് കൊണ്ടോ ഓ സ്പെഷ്യലിസ്റ്റ് മാർഗ്ഗത്തിൽ ആധുനികമായിട്ട് പക്ഷെ ആയുർവേദത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആയുർവേദക്കാര് ഇംഗ്ലീഷ് ചികിത്സയുടെ മോഡേൺ മെഡിസിന്റെ ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ആയുർവേദത്തിന്റെ മരുന്നുകളെ കുറിച്ച് ഗവേഷണമൊന്നും നടക്കുന്നില്ല അതാ പ്രശ്നം അത് നടക്കാത്തതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുണ്ട് ആയുർവേദക്കാർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എമർജൻസി മെഡിസിൻ അവർക്കില്ല ഒരാക്സിഡന്റ് ഒന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആയുർവേദക്കാർ ഉപയോഗിക്കുന്ന അതേ ഇലകളും ധാതുക്കളും ഒക്കെ തന്നെയാണ് മരുന്നായി ഇംഗ്ലീഷിൽ ചികിത്സയിൽ ഉപയോഗിക്കുന്നത് പക്ഷെ ചെയ്യുന്നു ഒരു ഇലയെടുത്ത് ലാബിൽ കൊണ്ടുപോയി അതിൽ നിന്ന് അതിന്റെ രാസഘടകത്തെ വേർതിരിച്ചിട്ട് ഏത് രാസവസ്തുവാണോ ഒരു രോഗത്തിനും മരുന്നായിട്ട് ഉപയോഗിക്കാമെന്നുള്ള ആ രാസവസ്തു വേർതിരിച്ചു ഉപയോഗിക്കുന്നു അപ്പത് കൂടുതൽ ഫലപ്രദമാവും അങ്ങനെ ചെയ്യുമ്പോൾ ആയുർവേദക്കാർ അങ്ങനെയല്ല ഈ തലമുറ തലമുറകളെന്ന് പറഞ്ഞു കിട്ടിയ കുറേ ഇലകൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് കഷായമാക്കും അപ്പൊ ഈ അസുഖത്തിനാവശ്യമുള്ള ഒരു രാസപദാർത്ഥം അധികം കാണും എന്താണ് അസുഖം മാറുന്നത് പക്ഷേ അതിനാവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളും അധികം കാണും അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ മരുന്നിന്റെ ഭാഗത്ത് റിസർച്ച് നടത്തുമ്പോൾ എന്ത് ചെയ്യണം ആയുർവേദക്കാർ ഇതുപോലെ രാസപദാർത്ഥങ്ങളെ വേർതിരിച്ച് ആവശ്യമുള്ള ഘടകത്തെ വേർതിരിച്ചെടുത്തും മരുന്നായിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുകയും പിന്നെ ആധുനികമായ ഇംഗ്ലീഷ് മെഡിസിന്റെ മോഡേൺ മെഡിസിൻ്റെ എല്ലാ ഡയഗ്നോസ്റ്റിക് സംവിധാനങ്ങളും അവർ അവരുപയോഗിക്കും ഇത് രണ്ടുമായി കഴിഞ്ഞാൽ ആയുർവേദം എന്തായി മാറും ഇംഗ്ലീഷായി മാറും അതാ സംഭവിക്കാൻ പോകും ആയുർവേദത്തെ പരിഷ്കരിക്കാൻ പോയാൽ ആയുർവേദ ദിവസം ഇംഗ്ലീഷ് ചികിത്സയായി മാറി ഇന്ന് ആയുർവേദം കാണും രണ്ട് രീതിയിലാ പരിഷ്കരിക്കാൻ പറ്റും ഒന്ന് മരുന്നില് പരിഷ്കരിക്കാൻ പറ്റുന്ന ഡയഗ്നോസിൽ ഡയഗ്നോസിൽ പരിഷ്കരിച്ചാൽ ഇന്ന് മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്ന എല്ലാ സംവിധാനങ്ങളും അവർക്ക് ഉപയോഗിക്കേണ്ടി വരും മരുന്നാണെങ്കിൽ ഇപ്പോ ദശമൂലാരിഷ്ടം പനിക്ക് അതിനകത്തുനിന്ന് ആ എല്ലാ ഇലകളും കൊടുത്തിട്ട് അതിൻ്റെ ഏത് എസ്റ്റാക്കി ഇപ്പം അറിയാമല്ലോ അതിൻ്റെ രാസഘടന എന്താണെന്ന് അതിൻ്റെ ആവശ്യമുള്ള ഒരു രാസപദാർത്ഥം എടുത്ത് അത് മാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ചികിത്സയാവും അതിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനെ ചെയ്യുന്നത് എല്ലാം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആയുർവേദമാവും അപ്പൊ ആയുർവേദത്തിൽ റിസർച്ച് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ രാസഘടകങ്ങളൊക്കെ മനസ്സിലാക്കി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് അങ്ങനെ ഒരു സംവിധാനം ആയുർവേദത്തിൽ ഇല്ല അതാണ് പ്രശ്നം ആയുർവേദത്തിൽ ഇല്ലാത്തോണ്ട് അവര് പറയുന്നത് വാദവിത്ത കപമെന്നും പറഞ്ഞിരിക്കുകയാണ് വാദവും പിത്തവും കപവും നോക്കി ചികിത്സിക്കുകയാണ് പിന്നെ അത് ഫലമാകുന്ന എന്തുകൊണ്ട് മരുന്നുകൾക്ക് ശക്തികളുണ്ട് പിന്നെ അവരുടെ ഊഹങ്ങളാണ് ഊഹാപോഹം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വാദം കൂടിയേക്കും അല്ലെങ്കിൽ കഫം കുറഞ്ഞിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഊഹങ്ങളിലൂടെ അതുകൊണ്ട് അതിൽ ഗവേഷണം നടത്താനും ബുദ്ധിമുട്ടാണ് ഈ രീതിയിൽ തുറന്നുകൊണ്ട് പോകാനും ബുദ്ധിമുട്ടാണ് രണ്ടും ഡി പറയുന്നത് ഒരു അന്ധവിശ്വാസമാണ് പഴയ കാലത്ത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ടായി അതുകൊണ്ട് ഇവിടെ പറയുന്ന ഇവിടെ അതൊന്നുമല്ല വിഷ ഇവിടെ പറയുന്നത് എന്താണ് ഒരു കാരണത്തിൽ ദോഷം വന്നാൽ അത് പുതിയ കാര്യത്തെ ഉണ്ടാക്കുന്നതാണ് അങ്ങനെയാണ് ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഇന്ദിരാത്വ സന്നിവേഷം ഉണ്ടാകുന്നു അവിടെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ രജു സർപ്പത്തെ കാണും ഇതാണ് പ്രത്യക്ഷ വിഷയം അനുഷ്ണത്വ അനുമാനം വിഭ്രമാണം യഥാർത്ഥത്വ അനുമാനം ഇപ്പോ നേരത്തെ അഖ്യാതിവാദികളുടെ ഒരു അനുമാനം പറഞ്ഞു സർവേ പ്രത്യയഥാർഥ പ്രത്യത്വ ഘടാദിപ്രത്യം എല്ലാ ജ്ഞാനവും യഥാർത്ഥമാണ് ജ്ഞാനമായതുകൊണ്ട് കടജ്ഞാനം പോലും ഇതാണ് യഥാർത്ഥത്വ അനുമാനം എന്ന് പറയുന്നത് ഇത് ഇതിൽ ഹേത്വാഭാസം ഉണ്ടെന്ന് പറയും ആഭാസം ഇത് യഥാർത്ഥമായ അനുമാനം അല്ല എന്തുകൊണ്ട് ഇത് ഹുതവഹ അനുഷ്ണത്വ അനുമാനം തന്നീട് അനുഷ്ഠ ദ്രവ്യത്വ എന്ന് പറയുന്ന അനുമാനം പോലെ വന്നി അനുഷ്ണമാണോ ഉഷ്ണമുള്ളതല്ല തണുത്തതാണോ എന്തുകൊണ്ട് ദ്രവീത്വാതെന്ന് പറഞ്ഞാൽ ഈ അനുമാനം എന്താ ദോഷം തർക്ക സംഗ്രാഹത്തിൽ പഠിച്ചേ ഹേത്വാഭാസം ഉണ്ടോ എന്താണ് ഹേത്വഭാസം ബാധ കാരണം മഞ്ഞി അനുഷ്ണോ അന്യഊഷ്ണുള്ള എല്ലാ തണുപ്പാണ് ധ്രുവീയത്വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷവിരോധം വരും എന്തുകൊണ്ട് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും അറിയാം എന്താണ് മഞ്ഞി ചൂടുള്ളതാണ് അപ്പൊ മഞ്ഞി അനുഷ്ഠമാണ് ധ്രുവ്യത്വം എന്ന് ചെയ്തു അവിടെ യത്വവാസം വരും അതുപോലെ എല്ലാ ജ്ഞാനവും യഥാർത്ഥമാണെന്ന് അഖ്യാതിവാദിയെ അനുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഹേത്വാഭാസം വരും എന്തുകൊണ്ട് പ്രത്യക്ഷത്തിന് വിരുദ്ധമാണത് എന്തുകൊണ്ട് രജവിൽ സർപ്പജ്ഞാനം ഉണ്ടാകുകയും പ്രത്യക്ഷമായിട്ട് എന്നെ പിന്നെ പറയുന്നു നായക സർപ്പ പ്രത്യക്ഷ ബാധ സംഭവിക്കുന്നുണ്ട് പ്രത്യക്ഷമായിട്ട് തന്നെ പറയുന്നത് ശരിയല്ല എന്താണ് കൃത്യം ആയതുകൊണ്ട് എല്ലാ യഥാർത്ഥമാണെന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷത്തിന് വിരോധമാണ് കാരണം ബ്രഹ്മസ്ഥലത്ത് രഹത്തെ നിഷേധിച്ചിട്ട് ഇത് ശുദ്ധിയാണെന്ന് പറയുന്ന പ്രത്യക്ഷമുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കാം നമ്മുണ്ടായ രതജ്ഞാനം ഭ്രാന്തിയാണ് സർപ്പബ്രഹ്മസ്ഥലത്ത് എന്താണ് കയറാണെന്ന് ബോധമുണ്ടാകുമ്പം സർപ്പമല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രത്യക്ഷമായിട്ട് തന്നെ അറിയാം എന്താണോ ുമ്പുണ്ടായ സർപ്പഭ്രമം ഭ്രാന്തിയാണ് അപ്പൊ ഭ്രാന്തി എന്നുള്ളതിന് പ്രത്യക്ഷം തന്നെയാണ് പ്രമാണം ബാധജ്ഞാണ് അങ്ങനെ ഇരിക്കെ എല്ലാ ജ്ഞാനവും യഥാർത്ഥമാണെന്ന് അങ്ങനെ പറയാൻ പറ്റും ഭ്രാന്തിജ്ഞാനത്തെ അത് ശരിയാകും ഭ്രാന്തിജ്ഞാനത്തെ യഥാർത്ഥം എന്ന് പറയാൻ പറ്റും എന്തുകൊണ്ട് എന്തുകൊണ്ട് പറ്റൂല അതിനു ബാധ സംഭവിക്കുന്നു പ്രത്യക്ഷമായ ബാധയാണ് കേരട്ട് കാണുകയാണ് ഓ ഇത് നല്ല ശക്തിയാണ് ഇത് സർപ്പമല്ല കയറാണ് നമ്മൾ പറഞ്ഞത് പ്രത്യക്ഷബാധ അപഹൃത വിഷയം പ്രത്യക്ഷബാധ അപഹൃതം വിഷയം മെസ്സി അനുമാനസ് നിങ്ങൾ പറയുന്ന എല്ലാ ഞാനും യഥാർത്ഥമാണെന്ന് പറയുന്ന വിഷയം പ്രത്യക്ഷമായി ബാധിക്കപ്പെടുകയാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അനുമാനം ശരിയില്ല പ്രത്യക്ഷ ബാധയാൽ അപഹരിക്കപ്പെട്ട വിഷയത്തോടുകൂടി ഇതാണ് പ്രത്യക്ഷമായ ബാധയാൽ അപഹരിക്കപ്പെട്ട വിഷയത്തോടുകൂടിയാണ് നിത് ആ അനുമാനത്തിന് ബാധ ഏത്തോപാസുണ്ടെന്ന് അതാണെന്ത് വിഭ്രമാണം യഥാർത്ഥ അനുമാനം വിഭ്രമങ്ങളെല്ലാം യഥാർത്ഥമാണെന്ന് പറയുന്ന അനുമാനം വാദദോഷത്തോടുകൂടിയതാണ് ഹേത്തോഭാസത്തോടുകൂടിയതാണ് അതുകൊണ്ട് ആഭാസ അതൊരു ഹേത്വഭാസമാണ് ഇങ്ങനെ ഹുതവഹ അനുഷ്ണത്വ അനുമാനം ഹുതവത്വം അഗ്നിയിൽ അനുഷ്ണത്വം അത് ഉഷ്ണമല്ലാന്ന് അനുമാനിക്കുമ്പോഴെയാണ് നൃത്തം ം മിഥ്യാപ്രയെ സർവപ്രമാണേഷരത്തെ അഖ്യാതിവാദി ഓർത്തു ബ്രഹ്മജ്ഞാനത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ വിഷയം മാറിപ്പോകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു ജ്ഞാനത്തെയും വിശ്വസിക്കാൻ പറ്റിട്ടുണ്ട് കാരണം ഇതിന്റെ വിഷയം മാറിപ്പോലാന്നെന്താ ഓർമ്മ ഇപ്പം ഞാൻ പുസ്തകത്തെ കാണുന്നു ഇത് പുസ്തകമാണെന്നെങ്കിൽ ജ്ഞാനം ഉണ്ടായിരുന്നു ബ്രഹ്മമല്ലാന്നെന്താ അവർക്ക് നാളെ ഇത് ബ്രഹ്മം തെളിഞ്ഞാലും കാരണം ഏത് ജ്ഞാനത്തിനും ബാധ സംഭവിക്കാനുള്ള സത്യേതജ്ഞാനം ഉണ്ടാകും ഏതജ്ഞാനം ഉണ്ടായിരിക്കുമ്പോൾ അത് സത്യമാണ് ഏതൊരു ഏതജ്ഞാനം ഉണ്ടായിട്ടില്ലേ ഭ്രാന്തി എന്നറിയുന്നു അതുകൊണ്ട് ഏത് ജ്ഞാനത്തിനും നാളെ ബാധ ഒരു ജ്ഞാനത്തെയും വിശ്വസിക്കാൻ പറ്റും അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു ജ്ഞാനവും പരമാണു സ്വീകരിക്കാൻ പാടില്ല കാരണം നാളത്തെ കാര്യം എന്ന് പറയാൻ പറ്റില്ല നാളെ ഏത് ജ്ഞാനത്തിന് എന്ത് സംഭവിക്കാം സംഭവിക്കാം മെച്ച ഉത്തം നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് മിഥ്യാപ്രത്യ വിചാരേ മിഥ്യാപ്രത്യത്തിന് അർത്ഥവ്യവിചാരം വന്നാലും വിചാരിന്റെ വിഷയം മാറിപ്പോകുന്നു ഇതെൻ്റെ ചെയ്യുന്നറിഞ്ഞിട്ട് എന്നെ പറയുന്നു അല്ല ഇത് ശക്തിയാണ് അതാണ് വിഭജാരി എൻ്റെ ജ്ഞാനത്തിൻ്റെ വിഷയം മാറിപ്പോകും സർവപ്രമാണേഷു അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രമാണങ്ങളിലും അവിശ്വാസം എന്നുവെച്ചാൽ എല്ലാ പ്രമേയനും അവിശ്വാസം ഒരു ജ്ഞാനത്തെയും യഥാർത്ഥവും പറയാൻ കഴിയാതെ എന്ന് പറയും പറയുന്നു ഒരു ജ്ഞാനത്തിന്റെ പ്രാമാണ്യം പ്രമാത്വം എന്ന് പറയുന്നത് അതിന് അതിന്റെ വിഷയം മാറിപ്പോകുന്നു ഇല്ലെന്ന് നോക്കിട്ടുള്ള ഒരു ജ്ഞാനം അർത്ഥത്തെ ബോധിപ്പിക്കുന്നുണ്ടോ ആ ജ്ഞാനം പ്രമേയം അല്ലാതെ വിഷയം മാറിപ്പോകുന്നു ഇല്ലേന്ന് നോക്കിട്ടല്ല ഒരു കാലം ഒരു ജ്ഞാനം എത്ര കാലം അതിന്റെ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു അത്രേം കാലം എന്താണ് െയാണ് ഒരു സംശയം അതുകൊണ്ട് പുസ്തകം എന്നുള്ള കാലം എത്ര പുസ്തകം എന്നുള്ള ഞാൻ എത്ര കാലം ഉണ്ടായിരിക്കുമോ അതുവരെ ഇത് യഥാർത്ഥം ഞാനും വിഷയം മാറുന്നില്ല അപ്പൊ ബോധകത്വമാണ് പ്രമാ അല്ലാതെ അതിന്റെ വിഷയം മാറുന്നോ ഇല്ലയെന്നോ നോക്കിട്ടല്ല അത് നോക്കേണ്ട ആവശ്യമാണ് അങ്ങനെയല്ല ഞങ്ങൾ പറയുന്നത് എന്താണ് എൻ്റെ വിഷയം മാറിപ്പോയി എന്നല്ല ഞങ്ങൾ പറയുന്നത് ജ്ഞാനം എന്ത് ചെയ്യുന്നു അർത്ഥത്തെ ബോധിപ്പിക്കുന്നു അതുകൊണ്ടാണ് പ്രമേയം ഇത്രയാണ് പറയുന്നത് ബോധകത്വേന സ്വതപ്രാമാണ ജ്ഞാനം എന്ന് പറയുന്നത് ബോധകമായതുകൊണ്ട് സ്വതപ്രാമാണ്യമാണ് മറ്റെന്തിനെ ആശ്രയിക്കുന്നു ബോധവത്ത് നിന്നു അർത്ഥത്തെ പ്രകാശിപ്പിക്കും അവിടെയുണ്ട് പിന്നെ അമ്പ്യചാരം അല്ലാതെ വിഷയം മാറിപ്പോകുന്നു ഇല്ലയോ വിഷയം മാറുന്നില്ല അതുകൊണ്ട് യഥാർത്ഥമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഒരു ജ്ഞാനം അർത്ഥത്തെ ബോധിപ്പിക്കുന്നുണ്ടോ അത് യഥാർത്ഥം മറിച്ചെന്താണ് അത് വിഷയം മാറിപ്പോകുന്നുണ്ടോ ആദ്യം സർപ്പവും നിറഞ്ഞിട്ട് പിന്നീട് രജ്ജുവെന്ന് അറിയുന്നുണ്ടോ ആദ്യ രേതവും നിറഞ്ഞിട്ട് പിന്നീട് വെള്ളിയും നിറയുന്നുണ്ടോ ഇങ്ങനെയുള്ള വ്യഭിചാരം കൊണ്ടല്ല ഒന്നു പരിഹൃതം ന്യായകണികായം ഈ കാര്യം എന്ന് പറയുന്നത് എന്താണ് ന്യായഗണിക എന്ന് പറയുന്ന എന്റെ പുസ്തകത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട് ഒരു പ്രമേയുടെ പ്രാമാണിന്ന് പറയുന്നത് അതിന്റെ ബോധകത്വം മാത്രമാണ് വിസ്തരിച്ച അവിടെ പറഞ്ഞോണ്ട് ആ കാര്യയുടെ പറയുന്നില്ല മാത്രം അസിയ സ്മൃതി പ്രമോഷ ഭംഗസ് ഉപ അതില് സ്മൃതി പ്രമോഷ ഭംഗം അതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു അതായത് സ്മൃതി പ്രമോഷൻ നേരത്തെ അല്പം പറഞ്ഞായിരുന്നു എന്താണ് ഇപ്പൊ രജ്ജുവിലെ സർപ്പജ്ഞാനം അല്ലെങ്കിൽ ശക്തിയുടെ രജതം ഞാനും ഒരിക്കലും സ്മൃതിയല്ല അനുസ്മൃതി എന്ന് പറയാൻ പറ്റില്ല കാരണം സ്മൃതിയാണെങ്കിൽ എന്ത് വരുന്നു അവിടെ തത്ത് അങ്ങനെ സ്മരിക്കാൻ പറ്റും ആ രജതമാണ് ഇവിടെ ഈ ബ്രഹ്മസ്ഥലത്ത് ആ രജതം എന്ന് സ്മരിക്കുന്നുണ്ടോ ഇതാ പിന്നെയോ ഗിതാരജതം അപ്പൊ അതുകൊണ്ട് ഇത് സ്മൃതിയല്ല ഇതെന്താണ് വിശിഷ്ട ജ്ഞാനമാണ് ൊരിക്കലും സ്മൃതി ആയിരിക്കാൻ പാടില്ല ഇതാണ് സ്മൃതി പ്രമോഷ ഭംഗമെന്ന് പറയുന്നത് സ്മൃതിയിൽ തദ്ശത്തിന് പ്രമോഷണം സംഭവിക്കുന്നു വിട്ടുകളയുന്നത് എന്ന് പറയുന്ന ആ വാദത്തെ ഖണ്ഡിക്കുക അതാണ് സ്മൃതി പ്രമോഷ ഭംഗമെന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കില്ല സ്മൃതിയാണെങ്കിൽ അവിടെ എപ്പോഴും എന്തുവാണും തത്തെന്നുള്ള ഒരു അംശം കാണും അതിനങ്ങനെ അതില്ലാതെ സ്മൃതി ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അതാണ് സ്മൃതി പ്രമോഷൻ എന്ന് പറയുന്ന തത്വംശത്തെ ഉപേക്ഷിക്കുക എൻ്റെ ഭംഗമെന്ന് പറയുന്ന ആ വാദത്തെ കണ്ണിക്കുക അത് നേരത്തെ പറഞ്ഞു എന്നിട്ടെന്തു പറഞ്ഞു ഇവിടെ രണ്ട് ജ്ഞാനമല്ല സ്മൃതിയല്ല ഇത് വിശിഷ്ടജ്ഞാനാണ് അപ്പോൾ വിശിഷ്ടജ്ഞാനമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ താർക്കികന്മാർ സ്മൃതി പ്രമോഷ ഭംഗവും പറഞ്ഞു അവിടെ തത്ത്വംശത്തെ ത്യജിച്ചു കഴിഞ്ഞു ഒരു സ്മൃതിയാണെന്നുള്ള ആ പക്ഷവും കണ്ണിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തർക്കന്മാരെ ചെയ്തു ഇതിനെ വിശിഷ്ടജ്ഞാനമായി സ്വീകരിച്ചു പറയുന്നു അല്ലാതെ പ്രത്യക്ഷവും സ്മൃതി അങ്ങനെ രണ്ട് ജ്ഞാനമാണല്ല എന്നാണ് അച്ഛൻ പറയുന്നത് അതിനെ കണ്ണിച്ചൊന്നും നടത്താതെ രണ്ട് ജ്ഞാനം അല്ല എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയെല്ലാം പറഞ്ഞിരുന്നു ഒരു വിഷ്ടജ്ഞാനമാണെന്ന് പറഞ്ഞു അതാണ് പറഞ്ഞത് സ്മൃതിമോസ് ഉപം അത് പറഞ്ഞു ഇതേ കാര്യത്തെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യാൻ അതെല്ലാം ബ്രഹ്മതത്വ സമീക്ഷ എന്ന് പറയുന്ന എന്റെ ഗ്രന്ഥത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു മണ്ഡനമിശ്രന്റെ ബ്രഹ്മസിദ്ധി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥാണ് ഈ ബ്രഹ്മസിദ്ധിയെ പിന്തുടർന്നാണ് ബാമതി വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് ബ്രഹ്മസിദ്ധി പറഞ്ഞ സിദ്ധാന്തങ്ങളെ ഇദ്ദേഹം പിന്തുടരുന്നു അദ്വൈതമാണത് അതൊരാക്ഷേപമായിട്ടാണ് സാറിന് ബാഹ്മതികാരനെ പറയുന്നത് കാരണം വിവരണം വ്യാഖ്യാനം വിവരണ പ്രസ്ഥാനവും ഭാമതി പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നവർക്ക് പ്രധാനമായി പറയുന്നത് ഭാമതീകാരൻ ബ്രഹ്മസിദ്ധിയെ പിന്തുടർന്നാണ് ബ്രഹ്മസിദ്ധിക്ക് തത്വസമീക്ഷദ്ദേ വ്യാഖ്യാനമാണ് പക്ഷെ ഇന്നാ വ്യാഖ്യാനം കിട്ടുന്ന അപ്പൊ അതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ വിവരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭാമതീകാരൻ ബ്രഹ്മസദ്യ പ്രക്രിയ സ്വീകരിച്ചുകൊണ്ട് വിവരണക്കാര് ഭാമതികാരനെ കുറിച്ച് പറയുന്നത് മണ്ഡനപൃഷ്ടശേലിയാണ് മണ്ഡലമിശ്ര ആസനം താങ്ങുന്നതാണ് മണ്ഡലമിശ്രൻ എന്തൊക്കെ പറഞ്ഞു വിവരണത്തെ കണ്ടിക്കുന്നത് വിവരണ പ്രസ്ഥാനക്കാർക്ക് അത് പിടിക്കുന്ന അപ്പൊ ഇവിടെ ഈ പറഞ്ഞ കൂടുതൽ കാര്യങ്ങളെല്ലാം എന്താണ് തത്വസമീക്ഷയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്മൃതി പ്രമോഷൻ ഭംഗമല്ല അവിടെ വിസ്തരിച്ചിട്ടുണ്ടെന്ന് അവഗന്ത ആത്മഖ്യാതിവാദം അസഖ്യാതിവാദം അതിനെ ഖണ്ഡിച്ച് അഖ്യാതിവാദം വന്ന് അതിനെ ഖണ്ഡിച്ച് അനിതാഖ്യാതിവാദത്തെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇനി ഇതിനെ ഖണ്ഡിച്ചിട്ട് എന്ത് ഖ്യാതി പറയും അനുവചനീയഖ്യാതി അതിലേക്കാണ് ഈ പോകുന്നത് അവിടെ വരുമ്പോ അത്ര പ്രയാസമില്ല അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു പ്രയാസമുള്ള ഭാഗം ഇനി അത്രയും വലിയ ചെറിയ ഒന്ന് രണ്ട് ഭാഗങ്ങളൊരിക്കും അത്രയും പ്രയാസമുള്ള ഭാഗങ്ങളി എന്നാൽ ഇടയ്ക്കൊക്കെ വരും അത് ദാമതികാരൻ്റെ ഒരു പാണ്ഡിത്യത്തിന്റെ പ്രത്യേകതയാണ് കാരണം ഇനി അനിതാഖ്യാതിവാദത്തെ കണ്ടിക്കണം അപ്പൊ ചെറിയ ഇതുപോലെ എന്നിട്ട് അനുവദനീയ കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ മുമ്പ് തന്നെ എന്താണ് ഇതെല്ലാം അനുവചനീയമാണ് വായിച്ചു അനുവജനീയ പറഞ്ഞു കഴിഞ്ഞാണ്